نبي <تصفيق> <تصفيق> صلى الله عليه وسلم اودت كنيه ابو القاسم النايرون رسول الله صلى الله عليه وسلم قالوا تسموا باسمي ولا تكن ولا تكنوا ولا تكنوا بكنيتي منجل انتبه بيرى سيغرقك നിങ്ങൾ എന്റെ പേര് കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുക എന്നാൽ എന്റെ കുണ്യത്ത് നിങ്ങൾ സ്വീകരിക്കാതിരിക്കുക റസോൾഅഅഅലി വസ്ല്ലം അവിടുത്തെ പേര് മുഹമ്മദ് എന്ന പേര് വർദ്ധിപ്പിക്കുക എന്നത് മുസ്തഹബാണ് സുന്നത്താണ് മക്കൾക്ക് മുഹമ്മദ് എന്ന പേരിടുക എന്നത് എന്നാൽ എന്റെ കുഞ്ഞത്തൂടെ നിങ്ങൾ അത് സ്വീകരിക്കാതിരിക്കുക രണ്ട് വിശദീകരണങ്ങൾ പണ്ഡിതന്മാർക്ക് ഒന്ന് ഈ പറഞ്ഞ വിലക്ക് റസൂൾ അള്ളാഹി സാഹു അലഹി വസ്സല്ലമ്മയുടെ സ്വീകരിക്കരുത് എന്ന കാര്യം അത് അള്ളാഹുവിന്റെ റസൂൾ സാഹു അലി വസ്ല്ല റസൂൽ അബുൾ ഖാസിം എന്ന കുഞ്ഞത്ത് നബി ജീവിച്ചിരിക്കുന്ന കാലത്ത് ഒരാളും സ്വീകരിക്കരുത് ഈ കാലഘട്ടത്തിൽ ധാരാളക്കണക്കിന് ആളുകൾ അബുൾ ഖാസിം എന്ന പേരിൽ ഉണ്ടായിട്ടുണ്ട് പണ്ഡിതന്മാർക്കിടയിൽ തന്നെ മറ്റൊരഭിപ്രായം റസൂൽ അള്ളാഹി സല്ലാഹു അലഹി വസ്ല്ലിയുടെ പേരും അവിടുത്തെ കുഞ്ഞിത്തും ഒരുപോലെ സ്വീകരിക്കരുത് ഒരാൾ അയാൾക്ക് മുഹമ്മദ് എന്ന് പേരുണ്ടാവുകയും അതോടൊപ്പം അബുൽ ഖാസിം എന്ന കുഞ്ഞത്തുണ്ടാവുകയും ചെയ്യരുത് രണ്ടഭിപ്രായങ്ങളും ഏതാണ്ട് പരിഗണിക്കേണ്ടതാണ് അതുകൊണ്ട് ആർക്കെങ്കിലും മുഹമ്മദ് എന്ന് പേരുണ്ടെങ്കിൽ അവൻ അബുൽ ഖാസിം എന്ന് കുഞ്ഞിയത്ത് സ്വീകരിക്കുന്നത് ഒഴിവാക്കട്ടെ മറ്റു വല്ല സ്വീകരിക്കട്ടെ അതല്ലെങ്കിൽ അബുൽ ഖാസിം എന്ന കുഞ്ഞത്തുണ്ടെങ്കിൽ മുഹമ്മദ് എന്ന പേര് മാറ്റട്ടെ അപ്പോൾ ഇത് ഈ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് നബിസൊല്ലാഹു അലി വസ്സല്ലമ്മയുടെ പേര് നമ്മൾ പറഞ്ഞു റസൂർള്ളാഹിസ് കുഞ്ഞിയത്ത് പറഞ്ഞു ശരി അവിടുന്ന് ജനിച്ചു നബിസൊല്ലാഹു അലി വസ്സല്ലത് യഥീമായി കൊണ്ടാണ് അവിടുത്തെ പിതാവ് മരണപ്പെട്ട നിലയിലാണ് റസൂറുള്ളാഹ്സലഹ് ജനിച്ചതിനു ശേഷം അവിടത്തെ ആദ്യമായി മൊലപ്പാൽ നൽകിയത് അവിടുത്തെ ഉമ്മയാണ് ആമിനല്ലാഹി സാഹുഅലി വസ്സല്ലമ്മക്ക് മൂന്ന് ദിവസമാണ് അവർ മൊലപ്പാൽ നൽകിയത് റസുലിയുടെ ഉമ്മ മൂന്ന് ദിവസം നബ്സല്ലാഹു അലഹി വസ്ല്ല്മക്ക് മൊലപ്പാൽ നൽകിയിട്ടുണ്ട് മറ്റേ ചിലർ പറഞ്ഞു ഏഴു ദിവസം നൽകിയിട്ടുണ്ട് ദിവസങ്ങളുടെ കാര്യത്തിൽ വ്യത്യാസം എന്തായാലും വളരെ കുറച്ചു ദിവസങ്ങളാണ് നബ്സല്ലാഹു അലഹി വസ്സല്ലമ്മയുടെ ഉമ്മ റസൂൾ മലപ്പാൽ നൽകിയത് പിന്നീട് അബുലഹബിന്റെ അടിമയായിരുന്ന സുവൈബ എന്ന സ്ത്രീ റസൂൾ അലഹി വസ്ലമക്ക് കുറച്ചു ദിവസങ്ങൾ മൊലപ്പാൽ നൽകിയിട്ടുണ്ട് കുറച്ചു ദിവസങ്ങൾ പിന്നീട് അറബികളുടെ അക്കാലഘട്ടത്തിലെ പൊതുശീലമായിരുന്നു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അവർക്ക് അറാബികൾക്കിടയിൽ നിന്ന് ആരെയെങ്കിലും കണ്ടെത്തി അവർക്കിടയിൽ മുല കൊടുക്കാൻ വേണ്ടി കുട്ടിയെ പറഞ്ഞയക്കുക എന്നാണ് കുട്ടികളെ അറാബികൾക്കിടയിൽ വളർത്തുക എന്നത് അന്ന് അറബികൾക്കിടയിൽ നിലനിന്നിരുന്ന ശീലമായിരുന്നു അതിന് പല കാരണങ്ങൾ പറയപ്പെട്ടിട്ടുണ്ട് അറബികൾ അങ്ങനെ ചെയ്യാൻ കാരണം ഒന്ന് അറാബികൾ ഏറ്റവും ശുദ്ധമായ ഭാഷയുള്ള ആളുകളാണ് അറബി ഭാഷ അത് ഏറ്റവും ശുദ്ധമായി നിലനിന്നിരുന്നത് അറാബികൾക്കിടയിലാണ് അതുകൊണ്ടാണ് പിൽക്കാലഘട്ടത്തിൽ ഇസ്ലാമിക ചരിത്രത്തിൽ അറബി ഭാഷയിൽ അറിയപ്പെട്ട ഇമാമുമാർ അവർ ഭാഷ പഠിക്കുന്നതിന് വേണ്ടി മുപ്പതും നാൽപ്പതും വർഷം അറാബികൾക്കിടയിൽ പോയി ജീവിച്ചത് കാണാൻ സാധിക്കും ഭാഷ പഠിക്കാൻ വേണ്ടി ഭാഷ ഏറ്റവും ശുദ്ധമായി നിലനിന്നിരുന്നത് അവർക്കിടയിലാണ് കാരണം അവർക്ക് പട്ടണക്കാരുമായി കൂടിക്കലരില്ല മറ്റു ഭാഷക്കാരുമായി അവർ കൂടിക്കലരില്ല അവരുടെ ഭാഷ ഏറ്റവും ശുദ്ധമാണ് അപ്പൊ അറബികൾ അവരുടെ മക്കളെ അവരുടെ ഭാഷ ഏറ്റവും ശുദ്ധമാക്കുന്നതിന് വേണ്ടി അറാബികൾക്കിടയിൽ വളർത്താൻ വിടാറുണ്ടായിരുന്നു ഒന്ന് രണ്ടാമത്തെ കാരണം പട്ടണങ്ങളിൽ കുട്ടികളെ വളർത്തിക്കഴിഞ്ഞാൽ അത് അവരുടെ ആരോഗ്യത്തെ ബാധിക്കാൻ സാധ്യതയുണ്ട് എന്നാൽ ഗ്രാമങ്ങളിൽ കുട്ടികൾ വളരുന്നത് അവരുടെ ആരോഗ്യത്തിന് നല്ലതാണ് എന്നതുകൊണ്ട് കുട്ടികളെ അവർ ഗ്രാമങ്ങളിലേക്ക് പറഞ്ഞേക്കാറുണ്ടായിരുന്നു മൂന്നാമത്തെ കാരണം അത് നമ്മൾ ഈ കാലത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാരണം തന്നെയാണ് മൂന്നാമത്തെ കാരണം കുട്ടികൾ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിനു വേണ്ടി എല്ലാ കാര്യം വാപ്പം വായൽ വെച്ചു കൊടുക്കുന്ന അവസ്ഥ കുട്ടികൾക്ക് കുട്ടികൾ സ്വന്തം കാലിൽ നിൽക്കുക ചെറിയ പ്രായത്തിൽ തന്നെ പഠിക്കുന്നതിനു വേണ്ടി പലരും തങ്ങളുടെ മക്കളെ പ്രത്യേകിച്ച് അറബികൾ അറബികൾക്കിടയിൽ പറഞ്ഞേക്കും സ്വന്തം വീട്ടിൽ വളർത്തിക്കഴിഞ്ഞാൽ വാപ്പമ്മയും കുട്ടിക്ക് അറിഞ്ഞാൽ അപ്പൊ സാധനം കൊണ്ടു കൊടുക്കും അപ്പൊ വാങ്ങിച്ചു കൊടുക്കും എന്ത് എന്നാൽ മറ്റാളുകൾക്കിടയിൽ വളർന്നാൽ കുട്ടി ജീവിതം പഠിക്കും ഇത് ഈ വിഷയത്തിൽ അനുഭവിന്റെ വാക്കുകൾ കാണാം നിങ്ങൾ പ്രയാസത്തിൽ ജീവിക്കാൻ പഠിക്കണമോ അനുഗ്രഹങ്ങൾക്കിടയിൽ ജീവിക്കുക എന്നത് നിങ്ങൾ സൂക്ഷിക്കണം അതെന്തുണ്ടാകുക ഇന്ന് കുട്ടികളിൽ കാണുന്ന പ്രശ്നങ്ങളിൽ ഒരേ ഒരു കാരണം എല്ലാ കാര്യങ്ങളും രക്ഷിതാക്കൾ ചോദിച്ചാൽ ഉടനെ വാങ്ങിച്ചു ജീവിതത്തിൽ ആ കുട്ടി ഒരു പ്രയാസമോ ഒരു വേദനയോ അറിഞ്ഞിട്ടില്ല ഒരു ദിവസം ആ കുട്ടി പനിച്ച് നിന്നിട്ടുണ്ടാവില്ല പനിൻ്റെ തുടങ്ങുമ്പത്തേക്ക് പോയിട്ട് മരുന്ന് വാങ്ങിച്ചു ജീവിതത്തിലെ കുട്ടിക്ക് പനി എന്താണെന്ന് അറിഞ്ഞിട്ടുണ്ടാവില്ല ഈ അടുത്തൊരിക്കല്ലോ ഒരു കുട്ടി അവരെ കയ്യിൽ പിടിച്ചിട്ട് ഞാനൊരു സ്ഥലത്തേക്ക് പോയി മഴ പെയ്ത സമയമാണ് അപ്പൊ റോട്ടില് ചെളിവെള്ളമുണ്ട് അപ്പൊ കുട്ടികൾ ചെളിവെള്ളം കണ്ടപ്പോ അവിടെ ഇങ്ങനെ നിക്കാൻ വാട്ടർ ഡേട്ടി വാട്ടർ ചെളിവെള്ളമാണ് ചവിട്ടാൻ പേടി വെള്ളത്തില് ചെളിവെള്ളത്തിൽ ചവിട്ടാണ് ജീവിതത്തിൽ ഇന്ന് ആ കുട്ടി ചെളിവെള്ളത്തിൽ കാലുകൊണ്ട് ചവിട്ടിയിട്ടില്ല എങ്ങനെയാണ് കുട്ടി നാളെ ജീവിക്ക നാളെ ചിലപ്പോൾ ആ കുട്ടിയുടെ ജീവിതം മാറി എല്ലാ കാലത്തും സമ്പത്തിനും സൗകര്യത്തിലും സുഖങ്ങളിലും ജീവിക്കാനൊരു കുട്ടിക്ക് കഴിയില്ല ഇത് അറബികൾ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്ന കാര്യായിരുന്നു കുട്ടികളെ വളർത്തുന്ന കാര്യത്തിൽ കുട്ടികളെ ജീവിതം പഠിപ്പിക്കുക എന്നത് പണിയെടുത്ത് ജീവിപ്പിക്കുക എല്ലാ കാര്യവും വായിലേക്ക് കൊണ്ടുവടുത്തു കഴിഞ്ഞാൽ നാളെ നിങ്ങളത് വായിലേക്ക് വെച്ചു കൊടുക്കാനില്ലാത്തൊരവസരം കുട്ടിക്ക് വരാനുണ്ട് കുട്ടിയോടുള്ള ശരിയായ സ്നേഹം നിങ്ങൾ പ്രകടിപ്പിക്കേണ്ട കുട്ടിനെ നല്ലപോലെ വളർത്തിയിട്ടാണ് എന്തു ചോദിച്ചാലും വാങ്ങിച്ചു കൊടുക്കുക ഒരിക്കൽ പോലും വേദനിപ്പിക്കാതിരിക്കുക എന്നത് ശരിയായ തർബികത്തല്ല ശരിയായ വളർത്തലല്ല ചിലതൊക്കെ കുട്ടിക്ക് കിട്ടാതെ പോകണം ചിലതൊക്കെ കുട്ടി ചില പ്രയാസങ്ങൾ അനുഭവിക്കും ഒരു വേദന ഒരു കുട്ടി അനുഭവിച്ചിട്ടില്ലെങ്കിൽ നാളെ അവൻ ജീവിതത്തിലേക്ക് ഇറങ്ങിയാൽ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിയാൽ ഒരു വേദന അനുഭവിക്കാൻ പറ്റില്ല നാളെ എങ്ങനെയാണ് ഈ കുട്ടികൾ ജനങ്ങളുടെ മുന്നിലേക്ക് ഇറങ്ങുക അവരോടൊപ്പം ജീവിക്കുക അതുകൊണ്ട് ഇന്ന് കാണപ്പെടുന്ന മോശമായ വളർത്തലുകളിൽ പെട്ടതാണ് കുട്ടി എന്തു വെച്ചാലും കൊടുക്കാൻ അതിന് ഏറെക്കുറെ ഈ പേഴ്സണാലിറ്റി ക്ലാസുകളും പാരന്റ് എന്താ പാരന്റ് കോഴ്സുകൾ കൌൺസിലിംഗ് ക്ലാസുകളും വലിയൊരു കാരണമാണ് കുട്ടിക്ക് അങ്ങനെ നെഗറ്റീവ് എനർജി കൊടുക്കരുത് കുട്ടിക്ക് ഇങ്ങനെ നെഗറ്റീവ് എനർജി കൊടുക്കരുത് കുട്ടി എപ്പോഴും പോസിറ്റീവ് ആയിരിക്കണം ജീവിതം എപ്പോഴും ഒരിക്കലും പോസിറ്റീവ് എപ്പോഴും അതിലെ ചിലപ്പോൾ നെഗറ്റീവ് ഉണ്ടാവും ആ നെഗറ്റീവുകൾ ജീവിതത്തിൽ കൊണ്ടുവരാനും അത് സഹിക്കാനും കുട്ടി പഠിക്കണം അതുകൊണ്ട് അബ്സാഹുഅലൈ വസ്ല്ലാം അറാബികൾക്കിടയിലേക്ക് റസൂൾ പറഞ്ഞയച്ചതിന് പിന്നിലുള്ള ഹെഗ്മത്തുകളിൽ ഒന്നായി പണ്ഡിതന്മാർ എന്നി പറഞ്ഞ ഒരു കാര്യം ഇതാണ് ജീവിതം പഠിക്കാന്നുള്ളതാണ് പ്രയാസങ്ങളിൽ ജീവിക്കാൻ പഠിക്കാൻ സ്വയം കാര്യങ്ങൾ കണ്ടെത്താൻ പഠിക്കുക അല്ല ചരിത്രം എപ്പോഴും എങ്ങനെയാണ് എല്ലാ കാലഘട്ടവും നിങ്ങൾ ചരിത്രം വെക്കും ഒരു കാലം ന്യാമത്തിന്റെ കാലായിരിക്കും സുഖങ്ങളുടെ കാലം പിന്നെ അതില്ലാതെയാകും എല്ലാ കാലത്തും അതുണ്ടാവും പിന്നെ കുറച്ചു യുദ്ധങ്ങളും പ്രയാസങ്ങളും ദാരിദ്ര്യവും പട്ടിണി അങ്ങനെ ഒരു കാലം എന്തായാലും വരും പിന്നെ അത് മാറി പിന്നെ ന്യാമത്തിന്റെ കാലാവും നമ്മുടെ മക്കൾക്ക് ചിലപ്പോൾ അങ്ങനെ സംഭവിച്ചേക്കാം ആ കാലത്ത് അവരെങ്ങനെ ജീവിക്കും എന്നു ഏശയും ജീവിച്ചവനാണെങ്കിൽ എങ്ങനെയാണ് അവൻ പ്രയാസങ്ങളിൽ ജീവിക്കുക അതുകൊണ്ട് അറബികളിലേക്ക് കുട്ടികളെ പറഞ്ഞയച്ചു എന്നത് അറബികൾ ചെയ്തിരുന്ന കാര്യങ്ങളിൽ കുട്ടികളെ വളർത്തുന്ന കാര്യത്തിൽ ശ്രദ്ധിച്ചിരുന്നൊരു കാര്യമാണ് വേദനകൾ പരിശീലിക്കാനും ജീവിതം കൊണ്ടുപോകാനും അവർക്ക് വഴി കാട്ടുക എന്നത് അതിന്റെ ഹെഗ്മത്തുകളിൽ പെട്ടതായിരുന്നു അത് നമ്മളിടയിൽ വളർത്തിയാലും ഒരു പരിധിവരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണെന്ന് കുട്ടികൾ ആ അവരെ നമ്മുടെ ഇടയിൽ വളർത്തുമ്പോഴാണെങ്കിലും ചില വേദനകൾ അവർക്ക് ചിലപ്പോൾ ആവശ്യമാണ് ഇല്ലെങ്കിൽ അല്ലെ അള്ളാഹു സുൽ ജീവിതം നിശ്ചയിച്ചിട്ടുള്ളത് സുഖങ്ങളും വേദനകളും ആയതൊണ്ടാണ് പ്രയാസത്തോടൊപ്പം എളുപ്പമുണ്ട് ഉറവ് എളുപ്പം മാത്രമായിട്ട് ജീവിതം ഉണ്ടാവില്ല കേട്ടുണ്ടാവും ഇറക്കണ്ടാവും കേട്ടുണ്ടാവും ഇറക്കേണ്ടാവും ആ ജീവിതം ചെറിയ പ്രായത്തിൽ തന്നെ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കണം അത് ഈ സന്ദർഭത്തിൽ ഈ സാഹുഅലുസല്ലമെ അവിടുത്തെ അറാബികൾക്കിടയിലേക്ക് മുലകുടിക്കാൻ പറഞ്ഞയച്ച ഈ സംഭവത്തിന്റെ വിശദീകരണ ചില പണ്ഡിതന്മാർ പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട് ശരി അപ്പോൾ കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം അറാബികൾക്കിടയിൽ നിന്ന് റസൂളുകൾക്ക് മുല പറ്റിയ ആളുകളെ അബ്ദുൾ മുത്തലിബ് അന്വേഷിച്ചു അങ്ങനെ നബ്സല്ലാഹു അലി വസല്ലമ്മക്ക് മുലകുടിക്കാൻ വേണ്ടി മുല ഏറ്റെടുത്തത് എന്ന സ്ത്രീയാണ് അവരാണ് നബിസൊല്ലാഹു അലി വസ്ല്ല രണ്ടു വർഷം മുല കൊടുത്തത് വയസ്സ് തികയുന്നതുവരെ നബിസൊല്ലാഹു അലിഹി വസ്സല്ലമക്ക് മുല കൊടുത്തത് ഹലിമത്തു സദിയാണ് അവർ തന്നെയാണ് റസൂൾ എളാഭയായ ഹംസത്തുബിന് അബ്ദുൽ മുത്തലിബിന് മുല അതുകൊണ്ട് റസൂൾ ഹംസയും മുലകുടി ബന്ധത്തിൽ സഹോദരങ്ങളാണ് ുംബിഹു അലി ഹുസലും സഹോദരങ്ങളാണ് അതോടൊപ്പം അപ്പോൾ നബിസുഹു അലിമെ ഹലീമ ആമിനയുടെ അടുക്കൽ നിന്ന് കൊണ്ടുപോയി ആ സംഭവത്തിൽ അതിൽ ധാരാളം ചരിത്രങ്ങൾ മറ്റും പറയപ്പെട്ടതായി കാണാം ഉദാഹരണത്തിന് ഹലീമയുടെ വീട്ടിൽ റസൂളുള്ള വന്നത് മുതൽ വറക്കത്ത് ധാരാളമായി വർദ്ധിച്ചു അവർക്ക് മലപ്പാൽ വളരെ കുറവായിരുന്നു സല്ലാഹു അലി വസ്ല്ലെ സ്വീകരിച്ചതു മുതൽ അവർക്ക് മലപ്പാൽ വളരെയധികം വർദ്ധിച്ചു അവരുടെ വീട്ടിൽ വറക്കത്തുകൾ വർദ്ധിച്ചു നാട്ടിൽ പട്ടിണി ഉണ്ടാവുന്ന സമയത്ത് വരെ അവരുടെ ഒട്ടകങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തുപോയാൽ വയറ് നിറഞ്ഞ് നിറഞ്ഞ അവസ്ഥയിൽ തിരിച്ചുവരും ഇങ്ങനെ ധാരാളം സംഭവങ്ങൾ അവരുടെ ചരിത്രത്തിൽ പറയപ്പെട്ടതായി കാണാം അതിൽ ചിലത് സഹിഹാണ് ചിലത് വൈഫാണ് ശരി അങ്ങനെഹു അലി വസല്ലം അവർക്കിടയിൽ വളർന്നു അവിടുന്ന് മറ്റു കുട്ടികളെക്കാൾ വ്യത്യസ്തമായി വളരെ പെട്ടെന്ന് വളർന്നിരുന്നു റസൂളിലൊക്കെ രണ്ടു വയസ്സായപ്പോൾ സല്ലല്ലാഹു അലി വസല്ലം ഹലീമ പറഞ്ഞതായി കാണാം അവിടത്തേക്ക് നാലു വയസ്സിന്റെ പ്രായം തോന്നിച്ചിരുന്നു മാത്രമല്ല അവിടുന്ന് അങ്ങേയറ്റത്തെ പക്വത കാണിച്ചിരുന്നു നമ്മുടെ റസൂൾ അഹമ്മദുൻ സല്ലാഹു അലി വസല്ലം അങ്ങനെ രണ്ടു വയസ്സ് കഴിഞ്ഞപ്പോൾ ഹലീമ പറയൻ റസൂൾ ഹിസ്ലം മുലകുടി നിർത്തി അങ്ങനെ റസൂൾ ആമിനയുടെ അടുക്കലേക്ക് തിരിച്ചു കൊണ്ടുപോകുമ്പോൾ ഹലീമയുടെ മനസ്സിലുള്ള പ്രയാസം ഇനി മഹമ്മദ് നമ്മുടെ ഉണ്ടാവില്ല എന്നുള്ളതാണ് അങ്ങനെ ഹലീമ ആമിനയുടെ അടുക്കൽ പോയി പറഞ്ഞു ഇപ്പോൾ തന്നെ കുട്ടിയെ നിങ്ങൾ മക്കയിൽ വളർത്തിയാൽ പട്ടണത്തിൽ വളരുമ്പോൾ കുട്ടികൾക്കുണ്ടാവുന്ന അസുഖങ്ങൾ വാദിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് കുട്ടിയെ ഞങ്ങളോടൊപ്പം പറഞ്ഞേച്ചോളൂ കുറച്ചു കാലം കൂടി ഞങ്ങളൊപ്പം നിൽക്കട്ടെ എന്നിട്ട് ഞങ്ങൾ തിരിച്ചു കൊണ്ടുവരാം എന്ന് ആമിനയോട് ധാരാളമായി ആവശ്യപ്പെട്ടപ്പോൾ അവർ നബ്സൊല്ലാഹു അലഹി വസ്ല്ലമെ ഒരിക്കൽ കൂടി ഹലീമയോടൊപ്പം പറഞ്ഞയച്ചു അങ്ങനെ നാലു വയസ്സുവരെ നബ്സൊല്ലാഹു അലി വസ്ല്ലം ഹലീമയുടെ അടുക്കലാണ് വളർന്നത് ഹലീമയുടെ അടുക്കൽ ജീവിക്കുന്ന കാലഘട്ടത്തിൽ റസൂൽഹി സല്ലാഹു അലിഹുസ് ഹലീമയുടെ കുട്ടിയോടൊപ്പം മകനോടൊപ്പം ആടുമേക്കാൻ പോകുമായിരുന്നു മറ്റു ഹലീസുകളിൽ വന്നതുപോലെ എല്ലാ നബിമാരും ആട് മേക്കുക എന്ന കാര്യം ചെയ്തിട്ടുണ്ട് ആടുമേക്കുക എന്നത് ക്ഷമ പഠിപ്പിക്കുന്ന പ്രവർത്തനങ്ങളിലൊന്നാണ് ആട് എന്ന് പറഞ്ഞാൽ പിടിച്ചാൽ കിട്ടുന്ന നിൽക്കുന്ന സാധനമല്ല അതിനെ മെരിക്കാന്നുള്ളത് ഒരാളെ ക്ഷമ പരിശീലിപ്പിക്കുന്ന കാര്യങ്ങളിലൊന്നാണ് അതെല്ലാ നബിമാരും ചെയ്ത കാര്യങ്ങളിലൊന്നുകൂടിയാണ് നബിസ്വല്ലാ അലി ഹുസല്ലം അവിടുത്തെ ഈ പ്രായത്തിൽ ആടുമേച്ചിരുന്നു ശരി അങ്ങനെ റസൂൾ നാലു വയസ്സായി ആ സന്ദർഭത്തിലാണ് നബ്സല്ലാഹു അലഹി വസല്ലമ്മയുടെ നെഞ്ചി പിളർക്കുന്ന സംഭവം ഉണ്ടാകുന്നത് ഹാദിസ തുഷക്കി സദർ എന്ന പേരിൽ പ്രസിദ്ധമാണ് സീറയുടെ പുസ്തകങ്ങളിൽ ആ സംഭവം നബ്സൊല്ലാഹു അലി വസല്ലം ഒരിക്കൽ ഹലീമയുടെ മകനുമായി ആടിനെ മേയ്ക്കുന്നതിനു വേണ്ടി പുറപ്പെട്ടു അങ്ങനെ അവര് കുറച്ചു സ്ഥലത്തേക്കെത്തി അവിടെ എത്തിയപ്പോഴാണ് തങ്ങളുടെ കയ്യിലുള്ള ഭക്ഷണ എടുത്തിട്ടില്ല എന്ന് അവർ ഓർത്തത് അപ്പൊ നമസ്വലമ ഒപ്പമുള്ളവനോട് പറഞ്ഞു ഞാൻ ആടിനെ നീ പോയി വീട്ടിൽ പോയി ഭക്ഷണം എടുത്തു കൊണ്ടുപോയൻ അങ്ങനെ ഈ കുട്ടി തിരിച്ചുപോയി ഈ കുട്ടി വീട്ടിലേക്ക് തിരിച്ചുപോയപ്പോൾ പറയാൻ രണ്ട് ആളുകൾ അവർ പക്ഷികളുടെ രൂപത്തിലുണ്ടായിരുന്നു പരിന്തിന്റെ രൂപത്തിലാണ് അവരെനിക്ക് തോന്നിയത് വെളുത്ത രണ്ടാളുകൾ അവർ ഇറങ്ങി വന്നു എന്നിട്ട് അവർ എന്റെ അടുക്കൽ വന്ന് എന്നെ താഴ്ത്തിക്കടത്തി എന്റെ പെരടി ഭൂമിയിൽ തട്ടുന്ന രൂപത്തിൽ എന്നെ താഴോട്ട് കടത്തി എന്നിട്ട് അതിലൊരാൾ അയാൾ മറ്റൊരാളോട് ചോദിച്ചു നബിസല്ലാഹു അലഹി വസല്ലമെ ചൂണ്ടിക്കൊണ്ട് അതിലൊരാൾ ചോദിച്ചു അഹുഅഹുവ ഇദ്ദേഹം തന്നെയാണോ അയാള് മുഹമ്മദ് എന്നത് എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി അഹുഅഹുവനാണോ അവൻ എന്ന് ചോദിച്ചു അപ്പോൾ മറ്റാൾ പറഞ്ഞാതെ അവനാണ് മുഹമ്മദ് അങ്ങനെ നബിസല്ലാഹു അലിഹി വസല്ലമെ അവർ മലർത്തിക്കടത്തുകയും വസൂൾള്ളയുടെ വയറ് കീറുകയും ചെയ്തു എന്നിട്ട് അള്ളാഹുവിന്റെ റസൂൾ അലഹി വസ്ല്ലമയുടെ കൽബ് അവർ പുറത്തെടുത്തു എന്നിട്ട് ആ കൽബ് അവർ തുറക്കുകയും അതിൽ നിന്ന് കറുത്ത നിറമുള്ള രണ്ട് ഇറച്ചിക്കഷ്ണങ്ങൾ അവർ പുറത്തേക്കെടുക്കുകയും ചെയ്തു എന്നിട്ട് അവർ മഞ്ഞിന്റെയും അതുപോലെ തന്നെ തണുത്ത വെള്ളം കൊണ്ടും അലഹി വസല്ലമ്മയുടെ കൽബ് കഴുകി ഇത് മറ്റു ചില ഹദീസുകളിൽ ജുബറിയിൽ അലി ഹുസലാത്തു വസ്സലാം അവരോടൊപ്പം ഉണ്ടായിരുന്നു എന്ന് റസൂൽഹു അലി ഹുസല്ലമ്മയുടെ ചില ഹദീസുകളിൽ കാണാം എന്നിട്ട് ജുബറിയിൽ റസൂൽ ഹിസ് അലി ഹുസല്ലോട് പറഞ്ഞു ഇത് നിന്റെ ശരീരത്തിലുള്ള പിശാജിന്റെ അംശമാണ്സെന്ന് എടുത്ത് പുറത്തേക്ക് കളഞ്ഞു നബിയുടെ കൽബു ശുദ്ധീകരിച്ചു ഇത് റസൂൾക്ക് നാലു വയസ്സുള്ളപ്പോൾ സംഭവിച്ചു എന്നതാണ് മിക്ക പണ്ഡിതന്മാരുടെയും അഭിപ്രായം അങ്ങനെ ഈ രണ്ടാളുകളും റസൂൽഹിസല്ലാഹുഅലി വസ്സല്ലമ്മയുടെ ശരീരം അവിടുത്തെ നെഞ്ഞ് തുന്നിക്കെട്ടി അനസുലി അള്ളാഹുഅനുഹു പറയാറുണ്ടായിരുന്നു റസൂൾ കൽബ് തുന്നിക്കെട്ടിയതിന്റെ അടയാളം ഞാൻ അവിടുത്തെ ശരീരത്തിൽ കണ്ടിട്ടുണ്ട് അവിടെ കൽബ് അത് തുറന്ന് എടുത്ത് തുന്നിക്കെട്ടിയതിന്റെ അടയാളം ഞാൻ അവിടുത്തെ ശരീരത്തിൽ കാണാറുണ്ടായിരുന്നു എന്ന് അനസുബുറുമാഅലി ഖറിയു പറഞ്ഞത് സഹിഹായ ഹദീസുകളിൽ വന്നിട്ടുണ്ട് അപ്പോൾ നബിസുള്ളാഹുഅലി ഹുസല്ലമ്മയുടെ കൽബ് അവർ ശുദ്ധീകരിച്ചു അത് തുന്നിക്കട്ടി റസൂൾ അള്ളാഹുഹുല്ലാം പറയാണ് ഈ സംഭവം അവിടെ നിന്ന് ഉദ്ധരിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു ഞാൻ ആ സന്ദർഭത്തിൽ ഞാൻ വളരെയധികം ശക്തമായി പേടിച്ചു അങ്ങനെ ഈ കുട്ടി തിരിച്ചു വന്നപ്പോൾ റസൂള്ളൂണ് എടുക്കുന്നാണ് കാണുന്നത് ബി തിരിച്ചുപോയി ഹലീമയോട് കാര്യങ്ങൾ പറഞ്ഞു ഇത് കേട്ടപ്പോൾ ഹലീമ പേടിച്ചു അവര് വേഗം ഒട്ടകത്ത് പുറത്തു കയറി റസൂളുള്ളയേയും കൂട്ടി സല്ലാഹുഅലി വസ്ല്ലം അവർ മക്കയിലേക്ക് തിരിച്ചുപോയി എന്നിട്ട് നബി സല്ലാഹു അലി ഹുസല്ലമ്മയുടെ ഉമ്മയോട് കാര്യം പറഞ്ഞു പക്ഷെ അവരുടെ ഉമ്മ പേടിച്ചില്ല അതിന് കാരണമായത് അവർ റസൂളുള്ളയെ ഗർഭം ചുമന്ന സമയത്ത് കണ്ട സ്വപ്നമാണ് ആ സ്വപ്നം അവർ മുൻപ് കണ്ടിട്ടുണ്ട് എന്നതിനാൽ അവർക്ക് അതൊരു പേടിക്കേണ്ട സംഭവമായി അനുഭവപ്പെട്ടില്ല എന്തായാലും ഹലീമ ലബ്സഹ ചില ഹരീസുകൾ കാണാം ഹലീമ എനിക്ക് ബുദ്ധിക്ക് എന്തെങ്കിലും തകരാറ് പറ്റിയോ എന്ന് സംശയിച്ചു ഇവനെന്തെങ്കിലും പ്രശ്നമുണ്ടായത് അലക്കെന്തെങ്കിലും കുഴപ്പം സംഭവിച്ചതാണോ ബുദ്ധി എന്തെങ്കിലും തകരാറിലായതാണോ എന്ന് ഹലീമ സംശയിക്കുന്നതുവരെ ഈ സംഭവം കേട്ടപ്പോൾ അവർ അത്ഭുതപ്പെടുകയുണ്ടായി എന്ന് നബ്സല്ലാഹു അലി ഹുസല്ല പറഞ്ഞതായി കാണാം ഈ സംഭവം സ്ഥിരപ്പെട്ട സംഭവമാണ് അഫസഹ്റെ കൽബ് പുറത്തേക്കെടുത്ത് അത് ശുദ്ധീകരിച്ച സംഭവം റസൂള്ളയുടെ കൽബ് രണ്ടു തവണ ശുദ്ധീകരിച്ചിട്ടുണ്ട് ഒന്ന് നബിക്ക് നാലു വയസ്സുള്ള സമയത്ത് രണ്ട് നബിഹുസം ഇസ്രാജ് നടത്തുന്ന സന്ദർഭത്തിൽ പറഞ്ഞു ഫുരി ഞാൻ മക്കയിലായിരുന്ന സന്ദർഭത്തിൽ എന്റെ വീട്ടിന്റെ മേൽക്കൂര ഒരിക്കൽ തുറന്നു ഫനജല ജിബ്രിയിൽ എന്നിട്ട് ജിബ്രിയിൽ ഇറങ്ങി വന്നു ി എന്നിട്ട് ഹൃദയം തുറന്നു പിന്നെ പിന്നീട് ഒരു പാത്രം അത് കൊണ്ടുവന്നു അതിൽ ഹിക്മത്തും ഇമാനും ഉണ്ടായിരുന്നു അത് എന്റെ കൽബിലേക്ക് എന്റെ ഹൃദയത്തിലേക്ക് എന്റെ നെഞ്ചിലേക്ക് ജിബ്രീൽ ഒഴിച്ചു സുമ്മ അത് മോഡി സുമീ പിന്നെ എന്റെ കൈ പിടിച്ചു എന്നിട്ട് ആകാശത്തേക്ക് കയറിപ്പോയിജിന് മുൻപ് നബി സാഹുഅലു കൽബ് വൃത്തിയാക്കിയിട്ടുണ്ട് ഈ രണ്ട് സംഭവങ്ങളും റസൂൾ ജീവിതത്തിൽ അതിന്റേതായ സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ട് ചെറിയ പ്രായത്തിൽ റസൂൾ അള്ളയ നിന്ന് പിഷാജിന്റെ ആ അംശം എടുത്തു കളഞ്ഞു എന്നത് റസൂൾ അള്ളയുടെ ഏറ്റവും ശുദ്ധമായ അവസ്ഥയിൽ വളരാനും പിഷാജിന്റെ പ്രേരണകളിൽ നിന്ന് ബിസല അലഹി വസ്ല്ലാം സുരക്ഷിതമായി നിലകൊള്ളാനും സഹായിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ചെറിയ പ്രായത്തിൽ റസൂല ഏറ്റവും ശുദ്ധമായ അവസ്ഥയിലായിരുന്നു ഒരു തിന്മയിലേക്ക് അവിടുന്ന് പോയിട്ടില്ല ഒരു വൃത്തികേടിലേക്കൊന്നും അബ്സല്ലാസ്സലും എത്തി നോക്കിയിട്ടില്ല അവിടുത്തെ ജീവിതം ഏറ്റവും ശുദ്ധമായ ജീവിതമായിരുന്നു പിന്നീട് ഇസ്രാറാജിന്റെ സന്ദർഭത്തിൽ റസൂലതയുടെ കൽബ് വീണ്ടും കഴുകിയത് അല്ലാഹു സുബാനഹുലയുടെ അടുക്കൽ അവിടുത്തെ അള്ളാഹുവിന്റെ അടുക്കലേക്ക് ഉയർത്തപ്പെടുന്നതിനു വേണ്ടിയാണ് അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പായിരുന്നു രണ്ടാമത്തെ കൽബ് പിളർത്തുന്ന സംഭവത്തിൽ ഉണ്ടായത് ഇതാണ് അലിഹി വസ്സല്ലമ്മയുടെ ജീവിതത്തിലെ ചെറിയ പ്രായത്തിൽ സംഭവിച്ച പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ അടുത്താഹി സാഹു അലഹി വസ്സല്ലമ്മക്ക് നുബൂവത്ത് ലഭിക്കുന്നതുവരെയുള്ള സംഭവങ്ങൾ നമുക്ക് വിശദീകരിക്കാം അള്ളാഹു സുഹാ നഹു നമുക്ക് വസു വസല്ലം ഒബാറീന മുഹമ്മദ്